ധ്യായം അഞ്ച് അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഫറവോൻ ഇസ്രയേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്കുകേൾക്കേണ്ടതിന് അവനാർ ഞാൻ യഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രയേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു അതിനവർ എബ്രായറുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്നു പറഞ്ഞു മിശ്രയിം രാജാവ് അവരോട് മോശേ അഹരോനി നിങ്ങൾ ജനങ്ങളെ വേല എന്ത് നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്നു പറഞ്ഞു ദേശത്ത് ജനമിപ്പോൾ വളരെയാകുന്നു നിങ്ങൾ അവരെ അവരുടെ ഊഴിയവേല മിനക്കെടുത്തുന്നു എന്നും പറവോൻ പറഞ്ഞു അന്ന് പറവോൻ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പലത്തെപ്പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത് അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പലത്തെപ്പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം ഒട്ടും കുറയ്ക്കരുത് അവർ മടിയന്മാർ അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ അവർ വ്യാജവാക്കുകൾ കേൾക്കരുത് അങ്ങനെ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്തുനിന്ന് വൈക്കോൽ ശേഖരിപ്പി എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കയില്ല എന്ന് പറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ജനം വൈക്കോലിനു താളടി ശേഖരിപ്പാൻ മിശ്രയും ദേശത്തെല്ലാടവും ചിതറി നടന്നു ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു വൈക്കോൽ കിട്ടിവന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്നു പറഞ്ഞു പറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രയേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് ചോദിച്ചു അതുകൊണ്ട് ഇസ്രയേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ത് അടിയങ്ങൾക്ക് വൈക്കൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുകീനെന്ന് അവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിന്റെ ജനത്തിന് പാപമാകുന്നുവെന്ന് പറഞ്ഞു അതിനവൻ മടിയന്മാരാകുന്നു നിങ്ങൾ മടിയന്മാർ അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്കേ യാകും കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല ചെയ്യുവീൻ വൈക്കോൽ തരികയില്ല ഇഷ്ടിക കണക്കുപോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രയേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരൂനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കൈയിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് കർത്താവേ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയതെന്ത് നീ എന്നെ അയച്ചത് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ പറവോന്റെ അടുക്കൽ ചെന്നതുമുതൽ ഈ ജനതോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടിവിച്ചതുമില്ല എന്നു പറഞ്ഞു